എപ്പോഴും സന്തോഷമായിരിക്കാനുള്ള ആ രഹസ്യം ഒറ്റ മിനിറ്റ് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരട്ടെ മിക്കവരും സന്തോഷത്തിനായി വെയിറ്റ് ചെയ്യുകയാണ് എന്നെ എല്ലാവരും സ്നേഹിച്ചാൽ ഞാൻ അന്ന് ഹാപ്പി ആകാം ഞാൻ സമ്പന്നനായി തീർന്നാൽ അന്ന് ഹാപ്പിയാകാം എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുകയാണ് ആക്ച്വലി ഹാപ്പിനെസ് ഇസ് നോട്ട് എ ഡെസ്റ്റിനേഷൻ ഇറ്റ്സ് എ ചോയ്സ് നിങ്ങളുടെ ചിന്തകളിലൂടെയാണ് നിങ്ങൾ സന്തോഷത്തെ ക്രിയേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് നെഗറ്റീവ് ചിന്തകളെ മാറ്റി പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ ബോധപൂർവം ചിന്തിക്കുക ഗ്രാറ്റിറ്റ്യൂഡ് ദിവസവും പത്ത് ഗ്രാറ്റിറ്റ്യൂഡ് സെന്റൻസ് വീതം നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിൽ എഴുതുന്നത് ഒരു ശീലമാക്കുക ഇത് നിങ്ങളെ കൂടുതൽ സന്തോഷവാന് വരാകാനായിട്ട് ഡാൻസ് ചെയ്യുക ദിവസവും ഡാൻസ് ചെയ്യുന്നത് അതുപോലെ എക്സസൈസ് ചെയ്യുന്നത് നമ്മുടെ ഹാപ്പിനെസ് ബൂസ്റ്റ് ചെയ്യും കട്ട് ഓഫ് നെഗറ്റിവിറ്റി അൺഫോളോക്സിക് പീപ്പിൾ അതുപോലെ തന്നെ നിങ്ങളുടെ സമാധാനം കെടുത്തുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുക എപ്പോഴും ചിരിക്കുക അഥവാ ചിരി വരുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ ബോധപൂർവം ചിരിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ കൂടുതൽ കൂടുതൽ ഹാപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ചലഞ്ച് തരാൻ പോവാണ് ഈ പറഞ്ഞ അഞ്ച് സ്റ്റെപ്പുകളും നിങ്ങൾ ഏഴ് ദിവസത്തേക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് മാജിക്കലി മാറുന്നതായിട്ട് കാണാം എപ്പോഴും സന്തോഷമായിരിക്കാൻ ആഗ്രഹിക്കുന്നവർ ഐ എം ഹാപ്പി എന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ഇടുക